മദ്യനിലേക്ക് അവരുടെ സഹോദരനായ ഷൈബ് അലിഹിസ്സലാമിനെ നാം അയച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ ജനതയെ നിങ്ങൾ അള്ളാഹുസുബഹാനഹൂവ തയാലായി ആരാധിക്കുവീൻ അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവവുമില്ല നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് വ്യക്തമായ തെളിവ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു അതിനാൽ നിങ്ങൾ അളവിലും തൂക്കത്തിലും പൂർണത വരുത്തുക ജനങ്ങളുടെ അവകാശങ്ങളിൽ നിങ്ങൾ കുറവ് വരുത്തരുത് ഭൂമി നന്നാക്കിയതിനു ശേഷം അതിൽ നിങ്ങൾ നാശമുണ്ടാക്കരുത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിരിക്കും